ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവാനാൽ ബ്രഹ്മാവിനുപദേശിക്കപ്പെട്ട വേദം വേദാർത്ഥമാണ് നമുക്ക് ഇന്നിവിടെ സത്സംഗത്തിലെ വിഷയം നമ്മളുടെ സനാതനധർമ്മത്തിന് പരമപ്രമാണമായിട്ടുള്ളത് വേദമാണ് വേദം എന്നുള്ളതിന് വാച്യാർത്ഥം ഉണ്ട് ലക്ഷ്യാർത്ഥമുണ്ട് വാച്യാർത്ഥം വേദം എന്നുവച്ചാൽ നമുക്കറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം തിഹാസങ്ങളെയും വേദമെന്നു പറയും പഞ്ചമോ വേദ വേദം എന്നുള്ളത് അതിന്റെ സൂക്ഷ്മർത്ഥത്തിൽ ലക്ഷ്യാർത്ഥത്തിൽ ജ്ഞാനം എന്നർത്ഥം ആത്മജ്ഞാനം എന്നർത്ഥം ഏനം വിദന്തി വേദേന് ആത്മാവിനെ അറിയാൻ പ്രകാശിപ്പിക്കാനുള്ള ജ്ഞാനമായതുകൊണ്ട് വേദത്തിന് വേദം എന്ന് പേര് ആ വേദാർത്ഥം എപ്പോൾ ആര് ആർക്ക് പറഞ്ഞുകൊടുത്തു ജ്ഞാനം എപ്പോഴാണ് പ്രകാശിതമായത് എന്നുവെച്ചാൽ സൃഷ്ടിക്ക് മുമ്പ് തന്നെ പ്രകാശിപ്പിക്കപ്പെട്ടു എന്ന് പറയാനാണ് ബ്രഹ്മാവൻ ഉപദേശിച്ചു എന്ന് പറയണത് എന്നുവെച്ചാൽ ജ്ഞാനത്തിന് നമ്മളുടെ ലൌകികമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ പോലെ ഒരു ഡേറ്റും സമയമൊന്നും പറയാൻ പറ്റില്ല അത് എപ്പോഴും പ്രകാശിതമാണ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ് എന്ന് അല്പം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രീമദ്ഭാഗവതത്തിൽ ഏറ്റവുമധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് സത്സംഗം സത്സംഗം എന്ന് വെച്ചാൽ ശ്രവണപ്രധാനമായി സത്സംഗം ഭാഗവതം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു ശുശ്രൂഷുഭി തക്ഷണാത് സദ്യഹാഹൃതി അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാത് കേൾക്കുക ശ്രവണം എന്നുള്ളതിന് ഏറ്റവും അധികം പ്രാധാന്യം ഭാഗവതം കൊടുത്തിട്ടുണ്ട് എന്താണ് കേൾക്കേണ്ടത് ഭാഗവതം തുടങ്ങുമ്പോ രണ്ടാമത്തെ ശ്ലോകമാണ് ഇപ്പൊ പറഞ്ഞത് ധർമ്മ പ്രോജിതകൈതവോത്ര പരമഹം നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയ ഉന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമും വാർത്ത ഈശ്വര സദ്യോഹൃതി അവരുദ്ധ്യത്തെ അത്ര ശുശ്രൂഷ താപത്രയ ഉന്മൂലം സാംം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം ഇതരൊക്കെ വിശേഷണമതും ശിവതം എന്ന് വച്ചാൽ പരമമായ മംഗളത്തിനെ കൊടുക്കണത് തരണത് എന്നർത്ഥം ശിവം എന്നുവച്ചാൽ മംഗളം എന്നർത്ഥം എന്താണ് മംഗളമായിട്ടുള്ളത് യത് കീർത്തനം യത് ശ്രവണം യത് അർഹണം ദ്വന്ദനം നമുക്ക് മംഗളമായിട്ടുള്ളത് എന്താണ് നമ്മളുടെ താപത്രയ ഉന്മൂലനം എന്ന് പറഞ്ഞു നമ്മളുടെ താപം ഇവ താപത്രയം എന്താണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ ലോകത്തില് ജനിച്ചവർക്ക് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാതെ കിട്ടണ ഒരു കാര്യമാണ് താപം ഇവിടെ സുഖമുണ്ട് സുഖമായിട്ട് ഇരിക്കാം എന്ന് പറയുന്നത് തത്കാലത്തേക്ക് മാത്രമാണ് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ആരോഗ്യമുണ്ട് ശരീരത്തിന് പണുണ്ട് ബന്ധുക്കൾ നമ്മൾ ആരാരെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളെ ആരൊക്കെ ആശ്രയിച്ചിരിക്കുന്നു അവരൊക്കെ നമുക്ക് അനുകൂലമായിട്ടും ആരോഗ്യത്തോടുകൂടിയും ഇരിക്കുന്നു എന്നുള്ളത് വരെ ശരി പക്ഷെ ഇതൊക്കെ എപ്പോഴാ ഇതൊക്കെ കൈവിട്ടു പോവുക എന്ന് പറയാൻ വയ്യാം ഇത് എല്ലാവർക്കും അറിയാം ലോകത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് കുറച്ച് പക്വം കുറച്ചു കാലം കുടുംബത്തിലും ജീവിച്ച് ദുഃഖം അനുഭവിച്ചവർക്ക് നല്ലവണ്ണം അറിയാം ഭാഗവതത്തിലെ ദശമലക്ഷണത്തിന് ആശ്രയം എന്നാണ് പേര് ആശ്രയം എന്ന് വെച്ചാൽ സാധാരണ തന്നെ നമുക്ക് വാക്കിന് അർത്ഥം അറിയാം ഡിപെൻഡൻസ് അല്ലെ റെഫ്യൂജ് സെക്യൂരിറ്റി നമ്മൾക്കറിയാം ലോകത്തില് സെക്യൂരിറ്റി ഇല്ല റെഫ്യൂജ് ഇല്ല ആശ്രയിക്കാൻ ഒന്നുമില്ല നമ്മളുടെ ശരീരം പോലും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല സർവവും വിട്ട് ഇറങ്ങിപ്പോയ സിദ്ധാർത്ഥനോട് ബുദ്ധനോട് ബിംബിസാദൻ ചോദിച്ചു എന്തിനോ ഒക്കെ വിട്ടുപോണത്തെ സൗഖ്യമായിട്ട് രാജകുമാരനായിട്ട് ഇരുന്ന് സകല ഭോഗങ്ങൾ അനുഭവിച്ച് രാജാവായിട്ട് ഭരിച്ചൂടെ സിദ്ധാർത്ഥൻ പറഞ്ഞു അതാണ് എനിക്കും ആശ അതാണ് എനിക്കും ആഗ്രഹം ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ വളരെ ഇഷ്ടപ്പെട്ട കാര്യാണ് യതി ജന്മചരാ മരണം ഭവേത് എതിഷ്ടവിയോഗ ഭയം നവം അനിത്യം ഇതം നവേത് ഇഹ ജന്മനി കസ്യത്തിന ഭവേത് ഇവിടെ വാർദ്ധക്യം വരില്ലായിരുന്നുവെങ്കിൽ മരണം വരില്ലായിരുന്നുവെങ്കിൽ വ്യാധി വരില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മരണം ഇഷ്ടപ്പെട്ടവരുടെ വ്യാധി ഇഷ്ടപ്പെട്ടവരുടെ വാർദ്ധക്യം ഇതൊക്കെ എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ ഇഷ്ടവിയോഗ ഭയം ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇതൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വിവേകമില്ലാതെ ഇരുന്നാ വേണ്ടില്ല പക്ഷെ വിവേകം അല്പം ഉദിച്ച ആൾക്ക് ഇതൊക്കെ മുമ്പിൽ കാണുമ്പോ അങ്ങനെ ഇരിക്കാം കണ്ണടച്ചിരിക്കാം എന്ന് പറയാൻ വയ്യ പൂച്ച പാല് കുടിക്കുന്ന രീതിയിൽ കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന രീതിയിൽ ലോകത്തില് സുഖമനുഭവിക്കുന്നവനാണ് വിവേകമില്ലാത്തവൻ അയാൾക്കാവട്ടെ പാരമാർത്ഥികമായ ഒരു സുഖം ഒരു സംതൃപ്തി ഉണ്ടാവുകയില്ല ആരാണ് അതിന് തെളിവ് എന്ന് വച്ചാൽ പരീക്ഷത്ത് തന്നെ തെളിവാണ് രാജാവായി സുഖമായി ഭരിച്ചു ചക്രവർത്തിയാണ് പരീക്ഷിത്തിന്റെ മഹിമകളെ ജ്യോതിഷികളൊക്കെ വാഴ്ത്തുമ്പോ അർജുനനെക്കാളും ശ്രേഷ്ഠൻ ധർമ്മപുത്രേക്കാളും ശ്രേഷ്ഠൻ നകുലനെ സഹദേവനെക്കാളും ഭീമനെക്കാളും ഭീഷ്മരെ കാണുമൊക്കെ ശ്രേഷ്ഠൻ എന്നൊക്കെ വാഴ്ത്തി സമൃദ്ധമായ രാജ്യം അങ്ങനെയുള്ള ആൾക്ക് ഒരു മുനിയെ കാണുമ്പോ അല്പം അസൂയ തോന്നി ഞാനതിനെ അസൂയ എന്നാണ് വിശേഷിപ്പിക്ക ആ വികാരം അറിയുന്നവർക്കറിയാം സാധാരണ നമുക്കെപ്പോഴാ കോപം വരിക കാമത്തിന്റെ പുറകിലെ കോപം വരുള്ളൂ കാമെന്നു വെച്ചാൽ സ്ത്രീ പുരുഷ ആഗ്രഹം മാത്രമല്ല ആശാനർത്ഥം ആഗ്രഹം നമുക്ക് എന്താണോ കിട്ടാനുള്ളത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും പരീക്ഷത്തിന് നമുക്ക് ലോകത്തിലെ സാധാരണ ദേഷ്യം വരുന്നത് ഒരു പണക്കാരന് മറ്റൊരു പണക്കാരനെ കണ്ടാൽ അസുയ വരും ദേഷ്യം വരും ഒരു സംഗീതക്കാരന് മറ്റൊരു സംഗീതക്കാരനെ കണ്ടാൽ ദേഷ്യം വരും അല്ലെ അവരവരുടെ ഫീൽഡിലാണ് അസൂയൊക്കെ വരിക അപ്പൊ രാജാവിന് ഈ മുനിയെ കണ്ട് ദേഷ്യം ഒരു കാര്യമില്ല വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടുമാണ് പരീക്ഷത്തിന് ദേഷ്യം എന്നൊന്ന് പറയാൻ വയ്യ കാട്ടിൽ വേട്ടയ്ക്ക് വന്ന രാജാവ് സമാധിസ്ഥിതനായ ഈ ഷമീകനെ കണ്ടിട്ട് ഇയാള് മൃഷാ സമാധിയിലിരിക്കുകയാണ് എന്നാണ് പറയുന്നത് വെറും കള്ളമാണേ ഇങ്ങനെ ഒക്കെ ഇപ്പോ സമാധിസ്ഥിതിയിലിരിക്കാൻ പറ്റുമോ ഇതൊക്കെ വരും നാടകാണ് ഇയാള് ശരിക്കും സമാധിയാണോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ചത്ത പാമ്പിനെ വില്ലിന്റെ കോഴി കൊണ്ടെടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ഇട്ടു എന്നാണ് പരീക്ഷത്തിനെ പോലെ ഒരാള് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്തിനോ പരീക്ഷത്തിന് ഈ മുനിയെ കണ്ടിട്ട് ഇത്തരത്തിലൊരു തോന്നൽ ഉണ്ടായിട്ട് അല്പം ചിന്തിക്കേണ്ടതാണ് വിശപ്പ് ദാഹം കാരണമേ ആവില്ല കാരണം എന്താന്ന് വെച്ചാൽ ക്ഷത്രിയന്മാരെ പോലെ വിശപ്പും ദാഹുവും സഹിക്കാൻ പറ്റുന്നവർ വേറെ ആരുമില്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരട്ടെ പറഞ്ഞിട്ട് വാള് വെച്ചിട്ട് പോകാൻ പറ്റില്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഊണ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകട്ടെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വിശപ്പും ദാഹുവൊക്കെ സഹിക്ക എന്നുള്ളത് അവർക്ക് സ്വാഭാവികമാണ് പിന്നെ എന്താ ഇപ്പോ പരീക്ഷത്തിന് പറ്റിയത് എന്ന് വെച്ചാൽ ഗർഭത്തിൽ കിടക്കുമ്പോ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോ തന്നെ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ കൃഷ്ണദർശനം കിട്ടിയ ആളാണ് അവിടെ തന്നെ അധ്യാത്മ അനുഭവത്തിന്റെ ബീജം ഈ രാജാവിന്റെ ഉള്ളിൽ പാകപ്പെട്ടിരിക്കുന്നു വിത്ത് വെതച്ചിരിക്കുന്നു ഈ അധ്യാത്മ ബീജം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ സൗഖ്യമായിട്ട് ലൗകികത്തിൽ ഇരിക്കാൻ പറ്റില്ല ഉള്ളില് എപ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ലക്ഷ്യമെത്തുന്നവരെ അത് വിടില്ല നിങ്ങളൊന്നും അതുകൊണ്ട് സത്സംഗത്തിൽ പോവാതിരിക്കണതാണ് നല്ലത് പക്ഷെ ഇനി ഒരു നിവൃത്തിയില്ല നിങ്ങൾ വന്നു കഴിഞ്ഞു പോവാൻ തുടങ്ങിക്കഴിഞ്ഞു പോവാൻ തുടങ്ങിക്കഴിഞ്ഞതുകൊണ്ട് ഇനി ലക്ഷ്യത്തിലെത്തിയേ നിവൃത്തിയുള്ളൂ തിരിച്ചു പോവാൻ പറ്റില്ല അത്യപകടമായ കാര്യാണ് ഉള്ളില് ഈ അധ്യാത്മവിദ്യ കേട്ടു കഴിഞ്ഞാൽ ശ്രവണായോ ശൃണ് വിദ്യുഹോ കേൾക്കാൻ പോലും കിട്ടില്ല എന്നാണ് പക്ഷെ കേട്ടുകഴിഞ്ഞാലോ കർണ്ണനാടീം പുരുഷസ്യാഥ്രതാം ചിനത്തി പരീക്ഷിത് ഭഗവത് ബീജത്തിനെ ഉള്ളില് വഹിച്ചോണ്ടിരിക്കുന്ന ആളാണ് പരീക്ഷത്തിന് ീ ഷമീകഹർഷിയെ കണ്ടപ്പോ അസൂയാണ് തോന്നിയത് എന്നുവെച്ചാൽ അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥിതി കണ്ടപ്പോ ഞാൻ ഇങ്ങനെ രാജാവായി രാജ്യവും യുദ്ധവും ചെയ്ത് കോർട്ട് കേസ് അതൊക്കെ അല്ലേ രാജാവിനെ പറ്റുന്ന കാര്യങ്ങള് അല്ലെ ഇങ്ങനെയുള്ള വ്യവഹാരവുമായിട്ട് കഴിയുന്നുല്ലോ ഈ മുനിയെ കണ്ടപ്പോ ഉള്ളില് തന്റെ ഉള്ളില് കിടക്കുന്ന ബീജം ഉണർന്നു തനിക്കത് സായിക്കണില്ലല്ലോ സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നി ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി അടുത്ത ക്ഷണം ദേഷ്യായിട്ട് മാറി ഏയ് ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല നമുക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ രാജാവ് ഈ പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ഇട്ടത് നമുക്ക് കഥ അറിയാം ശൃംഗി ശാപം കൊടുത്തു മഹർഷിയുടെ പുത്രൻ ഏഴാമത്തെ ദിവസം മൃത്യു ഏഴാമത്തെ ദിവസം മരണം ഒരാൾ ചോദിച്ചു എന്താ ഈ ഏഴു ദിവസം കണക്ക് സപ്താഹം എന്താ ഈ ഏഴു ദിവസം കണക്ക് എന്ന് വെച്ചാൽ ഏഴു ദിവസമാണ് ഒരാഴ്ചയിലുള്ളത് ഈ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ഏഴു ദിവസത്തിൽ ഏതൊരു ദിവസം ഏതെങ്കിലും ഒരു ദിവസമാണ് മരണം വരേണ്ടത് എപ്പോഴാ വരാ എന്ന് പറയാൻ വയ്യ ഈ ശാപം കിട്ടിയപ്പോൾ അല്പം പോലും രാജാവ് വിഷമിച്ചില്ല വേദനിച്ചില്ല തനിക്ക് ഇത്തരത്തിലൊരു സ്ഥിതി വന്നുവല്ലോ എന്ന് വിഷമിച്ചില്ല നമുക്കാണ് ന്യൂസ് വരണതെങ്കിലോ ഏഴാമത്തെ ദിവസം മരണം രാജാവിനെങ്കിലും ഏഴു ദിവസം മരണം വരില്ല എന്നുള്ള ഉറപ്പുണ്ട് നമുക്ക് വിശ്വാസേ നിശ്വാസേ നഹിവിശ്വാസ പുറത്തുപോയ പ്ര ശ്വാസം അകത്തേക്ക് വരുവോന്ന് പറയാൻ വയ്യ എന്നാലും എന്തോ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുകയാണ് നമ്മള് രാജാവിനെ ഏഴാമത്തെ ദിവസം മൃത്യു എന്ന് കേട്ടപ്പോ അല്പം പോലും ഭയപ്പെട്ടില്ല പരീക്ഷിത് പറഞ്ഞു ഇതൊക്കെ നശ്വരമാണെന്ന് എനിക്ക് പണ്ട് തന്നെ അറിയാം അതൊന്ന് പരീക്ഷിക്കാൻ ഭഗവാൻ ഒരു സന്ദർഭം കൊണ്ടുവന്ന് തന്നിരിക്കുക വിമർശിതൗ ഹേയതയാ പുരസ്താത് പണ്ട് തന്നെ ഇതൊക്കെ തന്നെ നശ്വരമാണെന്ന് വിമർശനം ചെയ്ത് അറിഞ്ഞുവെച്ചതാ ഇപ്പിതാ ഒരു സന്ദർഭം മുമ്പിൽ വന്നിരിക്കണു അടുത്ത ക്ഷണം എല്ലാം ഇട്ടിട്ട് ഗംഗാതീരത്തിലേക്ക് പോയി ഗംഗാതീരത്തിലേക്ക് ചെന്നു അനേക മഹർഷിമാർ അവിടെ കൂടിയിരിക്കുന്നു അവിടെ ചെന്നിരുന്ന രാജാവ് എനിക്ക് ആരാ ഉപദേശിക്കാൻ പോണത് പറയൂ മരണത്തിന് മുമ്പിൽ കാണുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതാണ് പരീക്ഷത്തിന്റെ ചോദ്യം ഇതാണ് നമ്മളുടെയും മുമ്പിൽ നിൽക്കുന്ന ചോദ്യം ഇതൊരു ചരിത്രമായിട്ട് കരുതി ചിന്തിക്കാതെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് മർത്യൻ എന്നാണ് മനുഷ്യന് ഒരു പര്യായം മർത്യൻ എന്നു വെച്ചാൽ മരണധർമ്മ എന്നർത്ഥം മരണം മുമ്പിൽ നിൽക്കണം ജനിച്ചുകഴിഞ്ഞു ഇനിയിപ്പോ മുമ്പിൽ നിൽക്കണത്തെ വാർദ്ധക്യം വ്യാധി മരണം ഇതൊക്കെ മുമ്പിലുണ്ട് ഇതൊക്കെ കാണാതിരിക്കാം എന്ന് വെച്ചാൽ പ്രകൃതി സമ്മതിക്കില്ല ഇതിനൊക്കെ ലൗകികമായ എന്തു പരിഹാരമാണുള്ളത് നമ്മളുടെ ആധുനിക ശാസ്ത്രമോ ആധുനിക വിദ്യകളും ഒക്കെ തൽക്കാലത്തേക്ക് കുറെയൊക്കെ പരിഹാരമൊക്കെ നമുക്ക് തരണുണ്ടെങ്കിലും നമുക്കറിയാം അതൊന്നും ശാശ്വതമല്ല നിത്യമായ പരിഹാരം ഒരിടത്തും കാണാനില്ല ഇത്രയൊക്കെ ആസ്പത്രികളും മെഡിക്കൽ സയൻസ് പുരോഗതി വന്നിട്ടും നമ്മളുടെ വിഷമങ്ങൾക്കൊന്നും കുറവില്ല വ്യാധിക്കൊന്നും കുറവില്ല മരണത്തിന് കുറവില്ല അതേപടി നടക്കുന്നു കുറച്ചു കുറച്ച് കാലില്ലാത്ത ആൾക്ക് വടികുത്തി നടക്കാം എന്ന് പറയണ പോലെ അല്പം സഹായം ചെയ്തു തരാൻ ഈ ശാസ്ത്രങ്ങളൊക്കെ സഹായിക്കേണ്ടതെന്നല്ലാതെ ആത്യന്തികമായ ദുഃഖനിവൃത്തി ഇല്ല വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കേൾക്കണം ആത്യന്തികമായ ദുഃഖനിവൃത്തി ഇതുകൊണ്ടൊന്നും കിട്ടാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ ചതുശ്ലോകി ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ പുറമെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടോ എന്ന് വിചാരിക്കുന്നിടത്തോളം നമ്മളുടെ ശ്രദ്ധ നിത്യമായ വസ്തുവിലേക്ക് തിരിയില്ല അനിത്യമായ എന്തെങ്കിലും ആശ്രയം ഉള്ളത്തോളം ഭഗവാൻ ആശ്രയമാവില്ല അന്യാശ്രയാണാം ത്യാഗ അനന്യത എന്നാണ് നാരദൻ ഭക്തിസൂത്രത്തിൽ പറയുന്നത് അനന്യഭക്തി നമ്മൾ പറയണ്ടല്ലോ അന്യാശ്രയാണാം ത്യാഗ അനന്യത അന്യ ആശ്രയങ്ങളൊക്കെ വിട്ടു കഴിയുമ്പോഴാണ് ഭഗവത് ആശ്രയം സ്വയമേവ അനുഭവത്തില് വരണത് നമ്മൾ ഇനി വിഷയത്തിലേക്കടക്കാം സത്സംഗം ശ്രവണപ്രധാനമാണ് എന്ന് പറഞ്ഞു പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചതുശ്ലോകി ഭാഗവതം വിഷയമായത് കൊണ്ട് നമ്മൾക്ക് ഈ ഉള്ള ഒരു രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ സമയം നിങ്ങൾ അല്പം പോലും ബുദ്ധിയെ വിഷമിപ്പിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലയോ ഇതൊന്നും പ്രധാനമേ അതുകൊണ്ട് മനസ്സിലാവണം എന്നുള്ള നിർബന്ധം പോലും ഇല്ലാതെ കേൾക്കുക കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം എപ്പോഴും പറയണം ഞങ്ങൾക്ക് മനസ്സിലാവണില്ലല്ലോ എന്നും വിഷമിക്കണ്ട കാരണം ഇനി പറയാൻ പണത് ബ്രഹ്മവിദ്യയാണ് കഥയല്ല നാരായണത്വഭ്രാന്തന്റെ ഒരു ചെറിയ കഥ എനിക്കെപ്പോഴും ഈ കാര്യത്തിൽ ഓർമ്മ വരും അദ്ദേഹം ഭ്രാന്തൻ വെപ്പ് വലിയ ജ്ഞാനിയാണെങ്കിലും ഭ്രാന്തൻ എന്നാണ് വിളിക്കാറ് അദ്ദേഹത്തിന്റെ ഏട്ടൻ മഹാപണ്ഡിതനാണ് അഗ്നിഹോത്രി അപ്പൊ ഈ അഗ്നിഹോത്തിരി ദിവസവും രാവിലെ ഉപനിഷത്ത് പാരായണ ഉണ്ട് അപ്പൊ ഓത്ത് ചൊല്ലല് ഉപനിഷത്ത് പാരായണം ചെയ്യുമ്പോ അടുത്തു വന്നിരിക്കും അത്ര അന്ന് ഇരുന്ന് കേട്ടിട്ട് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞു പോവും ഇയാള് പറയണതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി അപ്പോ ഈ അഗ്നിഹോത് ചോദിച്ചു എന്താ നാരായണത്വം മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലായി അല്ല ഏട്ടനിപ്പോ ബ്രഹ്മവിദ്യ വായിക്കാണല്ലോ അതാണ് ഞാനിപ്പോ ബ്രഹ്മവിചാരം ചെയ്ത് നോക്കിയിട്ടാണ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി മനസ്സിലാവില്ലെന്ന് മനസ്സിലായി നോ മനസ്സുകൊണ്ട് പിടിക്കേണ്ട കാര്യമല്ല എന്നർത്ഥം അല്ലാതെ മനസ്സിലായില്ല നമ്മള് ലോകത്തിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കുന്ന അതേ പദ്ധതി ബ്രഹ്മവിദ്യയിൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾക്ക് പരമമായ ശ്രേയസിനെ തരുന്ന ഒരു കാര്യമാണ് ആത്മജ്ഞാനം എന്നുള്ളത് വേദാന്തം എന്നുള്ളത് അത് ഭാഗവതം ശ്രീ സർവവേദാന്തസാരം ഈ ശ്രീ ഭാഗവതമിഷ്യത സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മ ഐകത്വ ലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യക പ്രയോജനം എന്നൊക്കെയാണ് ഭാഗവതം തന്നെ ലക്ഷണം പറയുന്നത് അപ്പോ മനസ് പുറമേക്ക് വിടും തോറും പുറമേയുള്ള വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തി മനസ്സിനുണ്ടാവും മനസ്സിന് എളുപ്പമുള്ള കാര്യം അതാണ് പുറമേയുള്ള വിഷയങ്ങളെ ഗ്രഹിക്കാവുന്നത് കണ്ണിലൂടെ പുറത്തുപോയി രൂപം ചെവിയിലൂടെ പുറത്തുപോയി ശബ്ദം മൂക്കിലൂടെ മണം നാവിലൂടെ രുചി ത്വക്കിലൂടെ സ്പർശം വളരെ എളുപ്പമാണ് മനസ്സിന് എന്താന്ന് വെച്ചാൽ അതാണ് മനസ്സ് പഴകിപ്പോയിരിക്കുന്നത് പക്ഷെ അവിടെ ഒട്ട് ശാശ്വതമായ ശാന്തി ഇല്ലാതെ ബഹിർമുഖ സുദുർലഭാം അന്തർമുഖ സമാരാധ്യ പുറമേക്ക് ഈ ശാന്തി ഈ പൂർണത കിട്ടില്ല മനസ്സിനാവട്ടെ പുറമേക്ക് പോവുക എന്നുള്ളത് വളരെ സരളമായിട്ടുള്ള സ്വഭാവമാണ് അതേ മനസ്സ് തന്നിൽ തന്നെ അടങ്ങിയിരിക്കാൻ ഗ്രഹിക്കുമ്പോഴാണ് ഈ വിദ്യ പ്രകാശിക്കണത് ഇനി പോകുമ്പോൾ അതുകൊണ്ടിപ്പോ ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നതും മനസ്സിലാവാതിരിക്കുന്നതിനും വലിയ പ്രാമുഖ്യം കൊടുക്കണ്ട കേട്ടിരുന്നാ മതി ശ്രദ്ധിച്ചിരുന്നാ മതി ഈശ്വര കൃപ ഉണ്ടെങ്കിൽ കാര്യം നടക്കും ഫലിക്കും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ പുറം വിഷയങ്ങളിൽ നിന്നും കേൾക്കുന്ന വിഷയത്തിൽക്കും കേൾക്കുന്ന വിഷയത്തിൽ നിന്നും കേൾക്കുന്നവനിലേക്കും തിരിയും അപ്പോഴാണ് സഫലമാവണത്തെ ശ്രവണം ലോകത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം അല്ലേ ഈ കാര്യം അറ്റൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കണമെങ്കിൽ ലോകത്തിൽ കർമ്മപ്രധാനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം നേടിയെടുക്കാൻ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചു വേണം പാസ്സാകാൻ ജോലി ചെയ്ത് വേണം സമ്പാദിക്കാൻ പാചകം ചെയ്തിട്ട് വേണം ഊണ് അതേപോലെയാണ് വേദത്തിലുള്ള കർമ്മകാന്ഡ ഭാഗത്തിലും എന്തെങ്കിലും ചെയ്യുന്നു ദേവന്മാർക്ക് കൊടുക്കണു ദേവന്മാർ നമുക്ക് തരുന്നു അങ്ങനെയാണ് കർമ്മകാന്ഡം പക്ഷേ ഈ ജ്ഞാനകാന്ഡത്തിലേക്ക് വരുമ്പോ ഭക്തി എന്ന് പറയണതും ജ്ഞാനം തന്നെയാണ് ശ്രീമദ്ഭാഗവതം ജ്ഞാനപ്രദീപം എന്നാണ് വ്യാസഭഗവാൻ തന്നെ കൊടുത്ത പേര് ഈ ജ്ഞാനപ്രദീപം ഈ ജ്ഞാനമാർഗത്തിലേക്ക് വരുമ്പോൾ മാത്രം ഒരു പ്രതിജ്ഞ ഇപ്പൊ നമ്മുടെ സത്സംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്യാണ് എന്താ പ്രതിജ്ഞ വെച്ചാൽ കേൾക്കണത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പരമമായ ശ്രേയസ് ഉണ്ടാവും അങ്ങനെ പറയുമ്പോ സാധാരണ ആളുകൾക്ക് എന്താ തോന്നുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് വിദ്യയെ സ്തുതിക്കുകയാണെന്ന് ജനം കൂടാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് കേൾക്കാൻ ആളുകൾ വരണം എന്ന് പറഞ്ഞ് പറയുകയാണോ അങ്ങനെയല്ല ഈ ഒരു വിദ്യയിൽ മാത്രം നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ മനസ്സിലാക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞു പോലും നിങ്ങൾ മെനക്കെടാനില്ല വളരെ സുലഭാണ് നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്താൽ മതി ശ്രവണം ചെയ്താൽ മാത്രം മതി ശ്രവണം ചെയ്യാൻ പോലും നിങ്ങൾ യത്നിക്കേണ്ട അന്തർയാമയായി ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ നടക്കും സത്സംഗത്തിൽ ശ്രവണം പോലും നമ്മളുടെ കയ്യിലില്ല സത്സംഗം ഏർപ്പാടാക്കുന്നതും സത്സംഗത്തിൽ വന്ന് ഞാൻ പറയണതും നിങ്ങൾ കേൾക്കുന്നതും ഒക്കെ മറ്റെന്തോ ഒരു കൃപാശക്തിയുടെ കയ്യിലാണ് ഇരിക്കണത് അല്ലെങ്കിൽ മുഖ്യമായ സന്ദർഭം വരുമ്പോൾ ഉറങ്ങിപ്പോവും ഉള്ളിലുള്ള ആൾക്കറിയാം എപ്പോഴാണ് ഇവിടെ ഷട്ടർ ഇടേണ്ടത് അതിനു മുമ്പ് എഴുന്നേറ്റ് പോവും അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വരുന്നത് ഒക്കെ നിയന്ത്രിത്തുമാണ് ഈ ബ്രഹ്മവിദ്യ സമയത്തിലല്ലാതെ നമ്മളുടെ ഉള്ളിൽ കടക്കുകയില്ല അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കണു ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കണു എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കൺട്രോൾഡാണ് നിയന്ത്രിതമാണ് ഇത് വിദ്യാരണ്യസ്വാമികൾ വളരെയധികം ഇതിനെ കുറിച്ച് വിചാരം ചെയ്തിട്ടുണ്ട് ചെവിയിൽ വേണമെങ്കിൽ തന്നെ സമയമായിട്ടുണ്ടാവണം എന്നാണ് അല്ലെങ്കിൽ പോലും സാധ്യമല്ല ശ്രവണം പോലും സാധ്യല്ല കേൾക്കണത് കൊണ്ട് തന്നെ പരമമായ ശ്രേയസ് കിട്ടും എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുക അതെങ്ങനെ സാധിക്കും കേട്ടിട്ട് വല്ലതും ചെയ്യണ്ടേ കേൾക്കണത് മാത്രം പരമമായ ലാഭം ഉണ്ടാവണ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ സാധാരണ ഉദാഹരണം മൂക്കത്ത് വച്ച കണ്ണട വെച്ചവരൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു അബദ്ധമാണ് കണ്ണട തരയും കണ്ണട വെച്ചുകൊണ്ട് തന്നെ തരയും കണ്ണടയിൽ തന്നെ തരും അത് എവിടെ നിന്നും കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അടുത്ത ക്ഷണം ഒരു അബദ്ധ ചിരിയോടുകൂടെ ഇതാണോ ഞാൻ അന്വേഷിച്ചത് ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ ക്ഷണം മുതൽക്ക് അത് നഷ്ടപ്പെട്ടിട്ട് കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടായി അല്ലേ കഴുത്തിലിട്ട സ്വർണ്ണാഭരണം ഇതൊക്കെയാണോ ഉദാഹരണം വിസ്മൃത കണ്ഠമണിഹി കിട്ടുമ്പോ പുതിയതായിട്ടൊന്നും കിട്ടിയില്ല പക്ഷെ പുതിയതായിട്ട് കിട്ടിയാൽ എന്തൊരു സന്തോഷമോ ആ സന്തോഷമുണ്ടായി അതേപോലെ നമ്മൾ അന്വേഷിക്കുന്ന പരമമായ ശ്രേയസ് ശാന്തി നിറവ് മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും വ്യാധിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നുള്ള രക്ഷ നോക്കണം വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം ഈ നാലുമുള്ളവരെ നിങ്ങള് തെരുവിൽ നടക്കുന്ന പിച്ചക്കാരനാണെങ്കിലും ശരി ബിൽഗേറ്റ്സ് ആണെങ്കിലും ശരി സമമാണ് കുബേരനാണെങ്കിലും ശരി കുചേലനാണെങ്കിലും ശരി നിങ്ങൾക്ക് വലിയ ബംഗളാവ് ഉണ്ടാവാം അല്ല ചെറ്റക്കുടിലായിരിക്കാം ഇതിനകത്തിരുന്നാലും അതിനകത്തിരുന്നാലും വ്യാധി മരണം വിയോഗ ദുഃഖം ഇതൊക്കെ മുമ്പിൽ ഉള്ളത്തോളം കാലം എല്ലാരും സമാണ് ഇതിന് മുമ്പിൽ ഇത് നമ്മൾ മുമ്പിൽ കാണുമ്പോഴാണ് നമ്മളുടെ നമ്മളുടെ അച്ചീവ്മെന്റ്സ് മുഴുവൻ നമ്മളുടെ സക്സസ് മുഴുവൻ വരും പ്രഹസനമായിട്ട് തീരണത് അപ്പൊ നമുക്ക് ആത്യന്തികമായ ശാന്തി എവിടെ കിട്ടും എവിടെയോ നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു ഇന്റിമേഷൻ ഉണ്ട് വേദം പറയുന്നു സാധ്യമാണെന്ന് ബ്രഹ്മവിതാപ്നോതി പരം ബ്രഹ്മത്തിനെ അറിയുന്നവൻ വിമുക്തനായിട്ട് തീരുന്നു എന്ന് വേദം പറയുന്നു ഋഷികളൊക്കെ പറയുന്നു ജ്ഞാനികളും അങ്ങനെയുള്ളവരില്ലായിരുന്നുവെങ്കിൽ ഈ സന്ദേശം നമ്മൾക്ക് എത്തിക്കാൻ തന്നെ ആരും ഉണ്ടാവില്ല സത്സംഗത്തിന്റെ പ്രയോജനം തന്നെ ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ അമൃതത്വത്തിന്റെ സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് സത്സംഗം ഏറ്റവും വലിയ മെസ്സേജ് ബുദ്ധൻ പറയുന്നത് മഹദ്വാർത്ത എന്നാണ് ബുദ്ധന് ഒരു ബില്ുവത്തിന്റെ ചുവട്ടിൽ സ്വാനുഭൂതി ഉണ്ടായപ്പോ ബുദ്ധൻ പുറത്തുപോയി അതിനെക്കുറിച്ച് പറയാൻ അല്പം പോലും യത്നിക്കാൻ തയ്യാറായിരുന്നില്ല നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്പം പായസം കിട്ടിയാൽ തന്നെ പലരും ആരും കാണാത്ത സ്ഥലത്ത് പോയിരിക്കും അല്ലേ വെറും നാവിന് രുചിയുള്ള ഒരു സാധനം കിട്ടിയാ മതി ഒരു ടി ഒരു നല്ല സീരിയൽ നടക്കുമ്പോ ആരെങ്കിലും വന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വെറും പുറമേക്കുള്ള സുഖം പോലും കുറച്ചു കിട്ടുമ്പോൾ വിടാൻ വയ്യ നല്ല ഉറക്കത്തിന്ന് എഴുന്നേൽപ്പിച്ച ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ അഖണ്ഡമായ പൂർണാനുഭവത്തിന് ഉള്ളിൽ കിട്ടിയ ആള് പിന്നെ വെളിയിൽ പോയിട്ട് ആളുകൾക്ക് ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ തയ്യാറാവുമോ ബുദ്ധൻ അതിന് തയ്യാറായിരുന്നില്ല എത്ര നിങ്ങള് ബീഹാറിൽ പോയാൽ ഗയയിൽ പോയാൽ അവിടുന്ന് കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ബുദ്ധ ഗയയിൽ പോയാൽ ആ ബോധ്യവൃക്ഷ വലിയ വടവൃക്ഷം അതിന്റെ ചുവട്ടിലാണ് ഊരുവിൽവം എന്നുള്ള വനമായിരുന്നു പഴയകാലത്ത് നാണു ആ കാട്ടില് ആ ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ബുദ്ധൻ ഇഹാസനെ ശുഷ്യത്വേ ശരീരം ത്വഗസ്തിമാംസം വിലയം ചെയ്യാത്ത അപ്രാപ്യ ബോധ്യം ബഹുകൽപ്പ ദുർലഭാം നൈവാസനാത്കായമിഷ്യതി എന്ന് പറഞ്ഞിരുന്നത് ഈ മരത്തിന്റെ ചോട്ടിലിരുന്ന് എന്റെ ശരീരം ശോഷിച്ചു പോവട്ടെ അതിനുള്ള കഫവും മറ്റുമൊക്കെ വറ്റിപ്പോവട്ടെ ഇവിടെ തന്നെ വീണു മണ്ണോടു മണ്ണായി ശരീരം പോയാലും ശരി ആ ജ്ഞാനം നേടാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നത് നേടിയെടുത്തു അദ്ദേഹം ഒരു പൗർണമി ദിവസം സുവ്യക്തമായ ആ ബുദ്ധൻ അദ്വൈതിയാണ് ആത്മജ്ഞാനിയാണ് വേദാന്തിയാണ് ബുദ്ധമതം പല കാരണങ്ങൾ കൊണ്ടും അതിൽ നിന്നും മാറിപ്പോയി അത്രയുള്ളൂ ബുദ്ധന് കിട്ടേണ്ടത് കിട്ടി മുക്തനായി ആ ഗയലിൽ പോയാൽ വലതുവശത്ത് ഒരു കുന്ന് ചെറിയ ഒരു കന്ന് കാണാം അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അനിമേഷലോചന ബുദ്ധൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അനിമേഷലോചന അനിമേഷലോചന വെച്ചാൽ കണ്ണു ചുമിട്ടാതിരിക്കുന്ന ബുദ്ധൻ എന്ന് അവിടെ എഴുന്നുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ട് ആ വടവൃക്ഷത്തിനെ നോക്കിക്കൊണ്ട് മൂന്നാഴ്ച കാലം ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പ്രശാന്തനായിട്ട് ഇരുന്നു എന്നാണ് അപ്പോ ബുദ്ധ കഥകൾ പറയുന്നത് കുറെ സിദ്ധന്മാരും ദേവതകളുമൊക്കെ ബുദ്ധന്റെ അടുത്ത് വന്ന് പറഞ്ഞത്രേ അങ്ങിയിരിക്കുന്നത് വലിയ ലാഭാണ് ഇത് ലോകത്തിൽ കൊണ്ട് കൊടുക്കണം ഇത് ജനങ്ങൾക്ക് കൊണ്ട് എത്തിക്കണം എല്ലാവർക്കും കിട്ടണം ഈ വാർത്ത ബുദ്ധൻ പറഞ്ഞു എന്തിനു പറയണം പറഞ്ഞിട്ട് എന്ത് കാര്യം ആർക്കും മനസ്സിലാവും ഈ വിഷയം മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അവരെന്നെ പോലെ തന്നെ അന്വേഷിച്ചും കൊണ്ടുവന്ന് തീവ്രമായി യത്നിച്ച് കണ്ടുപിടിച്ചോളും യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യവുമില്ല അതുകൊണ്ട് രണ്ടും രണ്ടും വശം ചിന്തിക്കുമ്പോഴും ഞാൻ പുറത്തു പോകുന്നത് വ്യർത്ഥമാണ് ആവശ്യമില്ല ഇവിടെ തന്നെ ഇരുന്നു അപ്പൊ ഈ ദേവതകൾ പറഞ്ഞു എത്ര അങ്ങനെയല്ല രണ്ട് കാറ്റഗറിയിലും പെടാത്ത ആളുകൾ ലോകത്തിലുണ്ട് അത്യന്തം അജ്ഞാഹിത്ത അവര് അത്യന്തം അജ്ഞാനികളല്ല എന്നാൽ ജ്ഞാനികളുമല്ല അങ്ങയെ പോലെ എന്നാൽ മന്ദബുദ്ധികളും അല്ല വിത്ത് ലിറ്റിൽ ഡസ്റ്റ് ഇൻ ദർ ഐസ് ഇതിനെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തൊരു പുസ്തകം തന്നെ ഉണ്ട് അതിന് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ദോസ് വിത്ത് ലിറ്റിൽ ഡസ്റ്റ് എന്നാണ് എന്ന് വെച്ചാൽ കണ്ണിൽ അല്പം പൊടി പറ്റിയാൽ ഊതിയാൽ എങ്ങനെ പോകുമോ അതുപോലെ അതുപോലെ ലോകത്തിൽ ഈ ജ്ഞാനത്തിനായി പരിഭാഗപ്പെട്ടിരിക്കുന്ന ജനങ്ങളുണ്ട് അവർക്ക് ഈ മെസ്സേജ് ഈ വാർത്ത ചെന്നെത്തണം അങ്ങനെയാണ് ബുദ്ധൻ പുറപ്പെടുന്നത് ഈ ഉപദേശത്തിനായിട്ട് ബുദ്ധന്റെ ഉദാഹരണം പറഞ്ഞു അതുപോലെ തന്നെയാണ് ശ്രീശുഖബ്രഹ്മ മഹർഷിയും അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ട്രതശബാളൈ അവധൂതവേഷ തൻ വ്യാസപുത്രൃച്ഛയാഗാമോ അനപേക്ഷ ഈ വ്യാസപുത്രനായ ശ്രീശുഖൻ എതിർച്ചയാ സഞ്ചരിക്കുന്നതാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല ലോകത്തൊന്നും ഒന്നും നേടിയെടുക്കാനില്ല ഒരു ലാഭമും പ്രതീക്ഷിക്കാതെ സ്വയം പൂർണനായി നല്ല കാറ്റില് ഉണങ്ങിയ ഇല പറക്കുന്ന പോലെയാണ് ഈ ജീവൻ യാത്ര കാറ്റ് എങ്ങോട് കൊണ്ടുപോകണോ ഇല എങ്ങോട്ട് പോവും അതുപോലെ ഭഗവത് ആ ശരീരത്തിന് എങ്ങോട്ട് കൊണ്ടുപോകണോ ആ ശരീരം അങ്ങോട്ട് പോവും അങ്ങനെ യാത്രയാണ് അങ്ങനെയാണ് പരീക്ഷത്തിന്റെ മുമ്പിൽ ശ്രീശുഖബ്രഹ്മർഷി വന്നത് ഈ വാർത്ത കൊണ്ടാണ് വരണത് വാർത്ത എന്താണ് എന്ന് വെച്ചാൽ ഏറ്റവും ആശ്ചര്യമായ വാർത്ത നമ്മൾ നമ്മളുടെ ഉണ്മയായ സ്വരൂപം ഈ ശരീരമല്ല നമ്മൾക്ക് ബാക്കിയൊക്കെ അറിയാം നമുക്ക് നമ്മളെ അറിയില്ല ഏറ്റവും നാണം കിട്ട കാര്യമാണത് ലജ്ജാവഹമായ കാര്യമാണത് ജനറൽ നോളജ് ധാരാളം സെൽഫ് നോളജ് ഇല്ല മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണോ ആത്മജ്ഞാനൂഢാ ശങ്കരാചാര്യർ പറഞ്ഞു ആത്മജ്ഞാനമില്ലെങ്കിൽ അവര് നരകത്തിലേക്ക് ടിക്കറ്റ് വാങ്ങിയവരാണ് ബാക്കി എന്തൊക്കെ തന്നെ അറിഞ്ഞിട്ടും കാര്യമില്ല അവനവനെ അറിയില്ല അവനവന്റെ സ്വരൂപം എന്താണ് നിശ്ചയില്ല ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് നിശ്ചയില്ല ഞാൻ ഈ ശരീരമാണെന്ന് ധരിച്ചിരിക്കുന്നിടത്തോളം അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ പ്രാപ്ത അശേഷ അനർത്ഥ എല്ലാ അനർത്ഥങ്ങളും പുറകെ വരും എല്ലാ ദുഃഖത്തിനും ഉറവിടം ഋഷികൾ ഉപനിഷത്ത് ഋഷികൾ പറഞ്ഞത് അജ്ഞാനാണെന്നാണ് അതിനു മരുന്നോ ജ്ഞാനമാണ് ജ്ഞാനമാണ് മരുന്ന് അജ്ഞാനമാണ് സകല ദുഃഖത്തിന് മൂല കാരണം അജ്ഞാനം നീക്കാൻ എന്താ വേണ്ട അജ്ഞാനേന ആവൃത്തം ജ്ഞാനം തീ ജവഹ ഗീതയില് ഭഗവാൻ പറഞ്ഞു ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അജ്ഞാനമാണിപ്പോ കുഴപ്പം ഈ അജ്ഞാനം അങ്ങോട്ട് നീക്കിയാ മതി അജ്ഞാനം അവനവനെ തന്നെ ഉള്ള അജ്ഞാനം എന്നെ തന്നെ ഉള്ള അജ്ഞാനം തമിഴില് കൈവല്യനവനീതം എന്ന് പറഞ്ഞൊരു കൃത്യുണ്ട് അത് തുടങ്ങുമ്പോ തന്നെ ഗുരു ഉപദേശം അങ്ങനെയാണ് ഉന്നെ ഇനി അറിന്തുകൊണ്ടാൽ ഉനക്ക് ഓർ കേ നിനക്ക് കേടൊക്കെ ഉണ്ട് എന്ന് നീ നിന്നെ തന്നെ മനസ്സിലാക്കിയാ നിനക്ക് ഒരു കേടില്ല ഒരു കുഴപ്പമില്ല ഒരു വൈകല്യവും നീ സ്വയം പൂർണനാണ് പൂർണത സ്വതസിദ്ധമാണ് ഏഴാമത്തെ ദിവസം മരിച്ചു പോകാൻ പോകുന്ന ഒരാൾക്ക് ഹടയോഗമോ സാധനയോ ശാസ്ത്രപഠനമോ ഒന്നും ഉപദേശിക്കാൻ പറ്റില്ല അല്ലേ പരീക്ഷത്തിന് പരീക്ഷത്തിന് സുഖബ്രഹ്മ മഹർഷി ബോധനം ചെയ്യുന്നത് ബ്രഹ്മവിദ്യയാണ് നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് ബോധിപ്പിക്കാണ് നമ്മൾക്കും അത്രേ ആവശ്യമുള്ളൂ നമ്മളുടെ സ്വരൂപം എന്താണെന്നുള്ള അറിവേ നമുക്ക് ആവശ്യമുള്ളൂ വേറെ ഒരു വിദ്യയും നമുക്ക് ആവശ്യമില്ല ഈ ചതുശ്ലോകി ഭാഗവതവും അതാണ് ബ്രഹ്മാവ് ഈ ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിക്കുന്നതായിട്ടാണ് വടക്കേന്ത്യയിൽ വളരെയധികം അംഗീകരിക്കപ്പെട്ട അഖണ്ഡാന സ്വാമി വളരെ മനോഹരമായിട്ട് എന്നെ ചിത്രീകരിച്ച് പറയാം നാരായണന് തനിച്ചിരുന്നപ്പോ കുറച്ച് വിരസത തോന്നി എന്നാണ് ബോറടിച്ചു എന്നാണ് സത്സംഗം ചെയ്യണം എന്ന് ഭഗവാൻ തന്റെ തന്നെ നാഭിയിലേക്ക് നോക്കി ആ നാഭിയിൽ ഒരു താമര പൊന്തി വന്നു എന്താ ഭഗവാന്റെ നാഭി എന്താ ടീച്ചറെ വിശ്വരൂപ വർണ്ണനയില് നാഭിക്ക് ഏ നാഭി എന്താ ഭഗവാന്റെ നാഭി ഭാഗവതത്തിൽ വിശ്വരൂപ വർണ്ണനയിലുണ്ട് ഏർ നേവ നാഭിന്നാണ് ഭഗവാന്റെ നാഭി എന്താന്ന് വെച്ച സ്പേസ് ആണ് ആകാശമാണ് ഭഗവാന്റെ നാഭി എന്നാണ് എന്നുവെച്ചാൽ ആകാശകുസുമത്തിലാണ് ബ്രഹ്മാവ് ജനിച്ചത് ആകാശകുസുമെന്നുള്ളത് വേദാന്തത്തിൽ ഇല്ലാത്ത വസ്തുക്കൾക്കുള്ള പേരാണ് ആകാശകുസുമം മൊയിലിന്റെ കൊമ്പ് ആകാശകുസുമാതനാണ് അദ്ദേഹം ആകാശത്തിൽ പൂത്ത പൂവ് നഭയേവ നാഭി ആകാശകുസുമത്തിൽ അതായത് ഭഗവാന്റെ നാഭിയിൽ ഒരു താമര ആ താമരയിൽ ഭഗവാൻ നോക്കിയപ്പോ ഭഗവാന്റെ ദൃഷ്ടി അതിലേക്ക് വീണപ്പോ ആ താമര വിരിഞ്ഞു അതിനകത്ത് ഭഗവാൻ നോക്കിയപ്പോ സ്വയമേവ താൻ തന്നെ അതിൽ പ്രവേശിച്ച് ബ്രഹ്മവായിട്ടിരുന്നു എന്നിട്ട് ഭഗവാൻ തന്നെ ഭഗവാനോട് ചോദിക്കുന്നതാണ് കസ്മൈനവിഭാസിതോയം ബ്രഹ്മാവിന് എന്താ പേര് വെച്ച കഹ എന്ന് പേര് എന്താ അർത്ഥം അല്ലെ അദ്ദേഹത്തിന് അങ്ങനെ പേര് വരാൻ കാരണം വൈദിക സംജ്ഞ കസ്മയി എന്ന് വെച്ചാൽ പ്രജാപതിക്ക് എന്നാണ് അർത്ഥം പക്ഷെ വെർബൽ മീനിങ് ടു ഹൂം എന്നാണ് ആർക്ക് എന്നാണ് ബ്രഹ്മാവിനാ പേര് വരാൻ കാരണം ആ നഭസിലിരുന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു നമ്മളൊക്കെ ആശ്ചര്യപ്പെടുന്നത് ലോകം കണ്ടിട്ടാണ് പുറമെയുള്ള വസ്തുക്കളെ കണ്ടിട്ടാണ് ചന്ദ്രനെയും സൂര്യനെയും ഗ്രഹങ്ങളെയും സൗരയൂഥം കണ്ടിട്ടാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത് മോളിക്കൂളും ആറ്റമും എലക്ട്രോണും പ്രോട്ടോണും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത് പക്ഷെ വിവേകിയായ മനുഷ്യൻ ശ്ചര്യപ്പെടുന്നത് തന്നെ തന്നെ കണ്ടിട്ടാണ് ബ്രഹ്മാവ് വിസ്മയിച്ചത് തന്റെ തന്നെ അസ്തിത്വത്തിനെ ശ്രദ്ധിച്ചിട്ടാണ് ബ്രഹ്മാവ് വിസ്മയിക്കുന്നത് കയേഷയോസൗ അഹം അബ്ജപൃ ഈ താമരതലത്തിലിരിക്കുന്ന ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് കയേഷയോസൗ കയേഷ ചോദിക്കാൻ ഏഷ അഹം കഹ കഹ ക ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് പേര് വയ്ക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ അദ്ദേഹത്തിന്റെ പേരായിട്ട് തീർന്നു കഹാ എന്ന് പേര് ആര് എന്ന് പേര് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ ആര്ന്നായി ഇവിടെ ഭഗവാൻ ബ്രഹ്മാവൻ ഉപദേശിച്ചു എന്നാണ് സമ്പ്രദായം ശ്ലോകത്തിന്റെ രൂപം നോക്കിയാൽ കസ്മൈന വിഭാസിതോയതുലോ പ്രദീപ ആരാക്ക് ഉപദേശിച്ചു ഉപദേശിച്ചാൾ ആര് ഉപദേശം സ്വീകരിച്ച ആൾ ആര് ഉപദേശിച്ച ഭഗവാൻ ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് ഇതിനെ സ്വീകരിക്കണത് തദ്ദായനെ കൃഷ്ണായ തദ്ീന്ദ്രായ തദാത്മനായ കാരുണ്യ തദ്ത്മന തദ്ത്മന തദ്ൂപേണ തദാത്മന എന്നുവച്ചാൽ ഉപദേശിക്കണ ആളും കേൾക്കണ ആളും ഒന്നാണ് ഭഗവാൻ തന്നെ ഉപദേശിച്ചു ഭഗവാൻ തന്നെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചു നാരദന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ കേട്ടു നാരദന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചു വ്യാസന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു വ്യാസന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചു ശ്രീശുഖന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു ശ്രീശുഖന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചു പരീക്ഷത്തിന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു സ്വയം പൂർണനായി ഭാഗവതം പറയണത് ഭഗവാൻ പറയണം നിങ്ങളുടെ ഉള്ളിലും ഭഗവാൻ ഇരുന്ന് കേൾക്കണം അപ്പോഴേ ഫലിക്കുകയുള്ളൂ പരീക്ഷ്യത്തിന് ഭാഗവതം ഉപദേശിച്ചപ്പോ പരീക്ഷിത്താണ് മുഖ്യശ്രോത ഇപ്പൊ ഞാൻ മുമ്പിൽ ഇദ്ദേഹത്തിന് നോക്കി പറണം അതേ മുഖ്യ ശ്രോതാവണന്ന് വെച്ചോള പക്ഷേ ഈ പറയണത് ഏൽക്കുന്നത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും അയാള് ലക്ഷ്യ ശ്രോതാവാണ് ഭാഗവതം ഉപദേശിച്ചിട്ട് സുഖബ്രഹ്മ മഹർഷി ആ ഗംഗാതീരത്തിൽ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കി അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഒരു മൂലക്കിരിക്കുന്ന ഒരു യുവാവിന്റെ മേലെ വീണു സുഖാചാര്യെ തീരുമാനിച്ചു ഇയാൾക്ക് കിട്ടിയിരിക്കണു എന്നാണ് സൂതൻ സൂതനെ ആശീർവദിച്ച് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു ഇയാൾ ഇനി ഭാഗവതം പ്രചരിപ്പിക്കും അസൗ സൂത ഈ സൂതൻ ഭാഗവതം പറയും അങ്ങനെ സൂതനെയും ആശീർവദിച്ചു അപ്പോ ഈ ഭാഗവത പരമ്പര അന്യം ഇല്ലാതെ വരണതാണ് എന്നുവെച്ചാൽ ഒരാൾ ഒരാൾക്ക് ഉപദേശിക്കുകയല്ല ശ്രൗതമായ സമ്പ്രദായം അങ്ങനെയാണ് ഉപനിഷത്ത് തന്നെ പറയണത് അന്യമായി നിന്നുകൊണ്ട് ഉപദേശിച്ചാൽ ശരിയാവല്ല പറയണ ആള് കേൾക്കണ ആള് രണ്ടാളും ഉണ്ടാവാൻ പാടില്ല അത്രേ ബാഹ്യമായിട്ട് രണ്ടുണ്ടെങ്കിലും അനുഭവമണ്ഡലത്തിൽ പറയണ ആളും കേൾക്കണ ഒന്നായി ആ അനുഭൂതി മാത്രം ഉണ്ടെങ്കിൽ ഭാഗവതം ഫലിക്കും അങ്ങനെയാണ് ഭാഗവത സമ്പ്രദായം തുടങ്ങണത്ത് ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു എന്ന്